Oh, this is it. തമാവധേസ് തരമ കഥോവ ശ്ലോകം പൂർവശ്ലോകത്തപ്പക്കിയ ശേഷം ഇത് മുൻ ശ്ലോകത്തോടെ അതിൻ്റെ ഭാഗമായി ഒരുക്കുക എന്ന ചേർന്നുകൊടുക്കണം വൻസ് ചെയ്യും ഇപ്പോഴോ വാക്യവും ഈ വാക്യവും അതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇവിടെ എല്ലായിടത്തും പറയുന്നത് യുദ്ധത്തിൽ നിന്ന് പിന്മാറ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്മാറും സാധാരണ തന്നെയും സാമാന്യമായി ചിന്തിക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നും യുദ്ധത്തിൽ ഇറങ്ങിയ പിന്നെ പിന്മാറുന്നു പ്രതിപക്ഷമാണ് ഇവിടെ അത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അതാണ് പറഞ്ഞ അത് ശൂരസ് യാത്ര എന്ന വിഷയം അങ്ങനെ അതായത് തന്റെ മറ്റുള്ളവർക്ക് ഒന്നാലുസരിക്കും അല്ലെങ്കിൽ താൻ മറ്റുള്ളവർ ഒന്നാമേതായാലും അതാണ് ഭേദ രണ്ട് അതുകൊണ്ട് അഥവാ രാക്ഷസി സ്വർഗം മരിച്ച ഞാൻ സ്വർഗത്തിലെത്താണ് ജയിച്ച ഇവിടുത്തെ സ്വർണ്ണങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രാപ്സു പുരുഷ്യർജനം ഇതാനേ ശൂരസ് ഇത്യാദി സാധാരണ ഭീഷമാ ശോകഹേതുവം से ജ്ഞാപനം ഇവിടെ പ്രാപ്സ്യക്ഷേ ഇതൊക്കെ മധ്യപക്ഷോചനമാണ് അവിടെ ഒരു കഴക്കമുണ്ട് നീ അർജുനന് ഒരു പ്രത്യേകം പറയുക നീ അനുസരിക്കണം സാമാന്യമായി പറയുന്ന നീ എന്ന് പറയുന്നു നിർബന്ധിക്കുന്ന വ്യക്തി അഭിസംബോധന എന്ന് അത് സാധാരണ എന്ന് പറയുന്നത് പ്രാവശ്യ ഭക്ഷ്യസ് ഇത് ആ ക്രിയയിൽ നിന്നും കർത്താവ് ലോകിച്ച് കർത്താവാരണം മനസ്സിലാക്കുമ്പോൾ ഇവിടെ ദേശീയ ആചാരം വളരെ സൂക്ഷ്മമായി ചിന്തിക്കുന്നതാണ് തത്വത്തിന്റെ വഴിക്കും ഭാഷയുടെ വഴിക്കുമൊക്കെ സഞ്ചരിച്ചിട്ട് എന്താണ് ഭാഷയെ താല്പര്യം എന്ന് പറയുന്നത് പരമാവധി പുറത്തു കൊണ്ടുവരുന്ന ചിന്തിച്ചോ ഇത് അതെനിക്ക് ഉത്തരവില്ല പക്ഷെ ഇതൊക്കെ കണ്ടെത്തുകയാണ് ഇപ്പൊ മധ്യപക്ഷത്ര ഉപയോഗിച്ചുകൊണ്ട് അർജുനനോട് വിശേഷിച്ച് പറയണം നീ അത് ചെയ്യാം നീ കൊല്ലണം നീ സ്വന്ത അനുഭവിക്കുന്നതെന്ന് പറയുകയും പക്ഷേ അത് കഴിഞ്ഞ് ശൂരസ്യ ശൂര്യെന്ന് പറയുമ്പോൾ അതാരമാണ് അർജുനാവും കേരള ആളാവാം കർണാടക ഭീഷ്മര തിരോധനം ദുര്യോധനും എല്ലാവരും ശൂര്യന്മാരാണ് അപ്പൊ ശൂരസ്യം എന്ന് പറയുന്നത് സാധാരണ അനുഗ്രഹമാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞുള്ളൂ അതായത് ഭീഷ്മ ശ്രേയോഹേതുതയ ശോകഹേതുവം നാസ്തി ജാമന ഭീഷ്മദികളെ കൊല്ലുന്ന ശ്രേയസ് കാരണം ശ്രേയസ് എന്ന് പറയുമ്പോ ഇവിടെ പറയുകയാക്കിയത് ഈ ശ്രേയസ് പറഞ്ഞ മോക്ഷം തന്നെയാണ് അർജുനോട് പറയുകയെ ഭീഷ്മരും യുളരും ഗുരുക്കന്മാരെ കൊണ്ടു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും അപ്പൊ മോക്ഷം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ എനിക്ക് ദുഃഖിക്കണം ഗുരുക്കന്മാരെ കൊണ്ടു ഗുരുക്കന്മാരെ കൊണ്ടുന്ന ഏകം എനിക്ക് ഭിക്ഷ എഴുത്ത് ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള അർജുനോട് നിനക്ക് മോക്ഷം വേണം മുതുകന്മാരും എന്നും മോക്ഷം അതുകൊണ്ട് തന്നെ എന്താണോ മോക്ഷം എന്ന് പറയുന്നത് അവിടെപ്പുറം നേടാതെ അപ്പോ മോക്ഷം കിട്ടുകൊണ്ട് പിന്നെ എന്തിനും ലഭിക്കണം ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് പ്രാചീനമായ ഒരു യുദ്ധ സർമ്മ സന്ദർഭത്തിൽ പറയുന്നതാണ് എന്നോട് മനസ്സിലാക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ട പക്ഷെ പ്രാചീനമായ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് യുദ്ധത്തെ കണ്ടിട്ടുള്ളത് യുദ്ധവും മോക്ഷത്തെ കൊണ്ടുപോകുന്നത് ഗുരുക്കന്മാരെ മോക്ഷം അതുകൊണ്ട് ദുഃഖിക്കേണ്ടതായിരിക്കില്ല എന്നാണ് പറയുന്നത് അതാണ് അതശൂര പരേഷാം ഹനനം ആത്മനോമാ പരേ ഹനനം ഉപയോഗമി ശ്രീയസ് അനുഗ്രഹിക്കുന്നു ഇത്തരേന യഥേചം സ്വർഗരാജ്യാദി സുഖഅപവർഗൻ സംഗേ ശ്രേയസ് എന്ന് പറയുന്നത് കൊണ്ട് എന്തൊക്കെ എടുക്കാം ഓരോരുത്തർക്കും ഇഷ്ടമനുസരിച്ച് എന്താ വേണ്ട സ്വർഗം വേണം അതെടുക്കാം സ്വർഗസുഖം അല്ലെങ്കിൽ രാജ്യാതെ സുഖം അതിനെടുക്കാം അതൊരു സ്വർഗ രാജ്യാധുഖം അല്ലെങ്കിൽ അപ്പവർക്കും ഓട്ടത്തെ ഓറ്റം വരെയുള്ള എല്ലാം എടുക്കാം ജീവന സ്വർഗത്തിന് വേണ്ടി മാത്രമല്ല യുദ്ധം എന്ന് പറയുന്ന യുദ്ധത്തിൽ ദുഃഖന്മാരെ ഒന്നാല് ദോഷവും കൊണ്ടുവന്നു വീടേ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് വീട്ടിലഹിംസയാണ് പറയുന്നത് എന്നത് പറയുന്നത് ഇതൊക്കെ എപ്പോഴൊന്നും മനസ്സിലാക്കുകയില്ല പുറത്ത് പറഞ്ഞില്ലെങ്കിൽ അവനോടാണല്ലോ അതിനു വേണ്ടിയിട്ട് എന്നാ ഈ ഹൃതത്വം മാത്രം പുരുഷാർത്ഥം ധർമ്മവിന്റെ അവിടെ തന്നെ പറയും ദോഷം ധർമ്മവിന്റെ പരേതസ് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞു ഒരാളെ കൊല്ലത്തോണ്ട് മോക്ഷം കിട്ടത്തില്ല പക്ഷെ ധർമ്മയുദ്ധത്തിൽ ഒന്നാം ഇത് മനസ്സിലാക്കണം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പാണ് പറയുന്നത് ധർമ്മം നിലനിൽക്കുന്ന യുദ്ധം ഏകദേശമാണ് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ ധർമ്മം നിലനിൽക്കുന്ന യുദ്ധം യുദ്ധത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നതാണ് ധർമ്മം അപ്പൊ അങ്ങനെ യുദ്ധത്തിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് താരം ധർമ്മയുദ്ധമാണ് അങ്ങനെയുള്ള ധർമ്മയുദ്ധത്തില് ഗുരുക്കന്മാരെ കൊന്നാലേ മോശം കൊണ്ടു അല്ലാതെ വെറുതെ കൊന്നാൽ മോശം അപ്പൊ യുദ്ധം തുടങ്ങുന്നതിലൊക്കെ പറയുന്നത് ശരിയാണ് ധർമ്മയുദ്ധത്തിൽ പക്ഷെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മഹാഭാരതം തന്നെ പറയുന്നു യുദ്ധത്തിൽ ധർമ്മം നഷ്ടപ്പെട്ടു പോയി കഷ്ടിച്ചു മൂന്ന് മാസം അത് കഴിഞ്ഞ് ഇദ്ദേഹം രണ്ടു വർഷം നടന്ന ആരും ധർമ്മം എന്ന് ഈ ധർമ്മയുദ്ധത്തിൽ എന്ന് വെച്ചാൽ തുടങ്ങി അകർമ്മ കൊടിയ അക്രമത്തിൽ അവസാനിക്കും ഇതിൽ കൊന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മണി ഭീഷ്മുമാണ് ഭീഷ്മര കർമ്മത്തിന്റെ മാർഗത്തിലാണ് കൊന്ന ദ്രോണന് മറ്റുള്ളവരുമാണെങ്കിലും ദ്രോണി കർമ്മത്തിന്റെ മാർഗത്തിൽ കിട്ടുന്നു ഇനി കൊന്ന അവർക്കെങ്ങനെ മോശം പക്ഷെ യുദ്ധത്തിന് മുമ്പ് പറയാം യുദ്ധം ധർമ്മയുദ്ധമാണെന്നുള്ള ഒരു സംഘം യുദ്ധം ഒരിക്കലും ധർമ്മയുദ്ധമാണെന്ന് അവരൊരു യുദ്ധം ഉണ്ടായിട്ടല്ല അതായത് ധർമ്മയുദ്ധരെയും പറയാനുള്ള ധർമ്മ യുദ്ധത്തിൽ ഗുരുക്കന്മാരും ആയാലും നടക്കുന്ന ഞാനിത് വിശദീകരിക്കുന്ന വേണ്ടിയിട്ടാണ് ഇതൊക്കെ തള്ളിക്കളയേണ്ട ഭാഗങ്ങളൊന്നും മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്തില് സ്വീകാര്യമായ കാര്യങ്ങൾ ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നു അർജുനന് യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അതിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കാൻ പറയും ഒരു കാരണവശാലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയരുത് അതിനു വേണ്ടി ഈ വാദം കൊള്ളത് യുദ്ധവും വാദിക്കാമോ എന്തിനു വേണ്ടി അപ്പൊ ഇതൊന്നും ശരിയല്ല എന്ന് മനസിലാക്കാൻ എന്റെ അഭിപ്രായം പറയണു പിന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ പറയുന്നത് എന്തിനു നിങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രം അത്ര എനിക്ക് താല്പര്യമുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക മനസ്സിലാക്കുക അതിനപ്പുറം എന്താണോ ഞാൻ പറയുന്നത് സ്വീകരിക്കുക അംഗീകരിക്കുക അനുസരിക്കുക അങ്ങനെയൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല പറയുമ്പോഴും ഞാൻ അങ്ങനെ ഒരു നിലപാട് വയ്ക്കാറില്ല കാരണം അതൊക്കെ ഇഷ്ടം നമ്മുടെ അഭിപ്രായം പറയുക എന്റെ അഭിപ്രായം എഴുതിയിരിക്കുന്ന കാര്യം ഇത് എഴുതിയിരിക്കുന്നു വ്യാഖ്യാനിച്ചിട്ട് പിന്നെ എന്റെ അഭിപ്രായം കേൾക്കുന്നു ഇത് ശരിയല്ല ഒരു വാസ അത് കേൾക്കുക മനസ്സിലാകും പിന്നെ അത് അവരവരുടെ അഭിപ്രായം ആവണം വേണ്ടെന്നുള്ളത് അവരവര് അനുസരിക്കുക അനുസരിപ്പിക്കുക എന്ന് പറയുന്നതിനുള്ള കാര്യത്തിന് എനിക്ക് അതൊന്നും ഫലവത്തായ അതുകൊണ്ട് അതിനെനിക്ക് താല്പര്യമില്ല പറയുന്ന കേൾക്കാൻ മനസ്സിലായി അവരവരെ രക്ഷ ഇനി ഭഗവാൻ പറഞ്ഞതുപോലെ ഞാൻ പറയാനില്ല എന്താണ് എല്ലാം കേട്ടിട്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്യുന്ന ആര്യല്ല ഞാൻ പറയുന്നത് അവിടെ എന്താ പറയുന്നത് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത് നീ മുടിഞ്ഞു പോകുന്നും പറയുന്നുണ്ട് അതും എനിക്കങ്ങനെയൊരു അഭിപ്രായമില്ല ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് സു അങ്ങനെ അവരുടെ ഒരു അഭിപ്രായമേ പക്ഷെ പറയാറുള്ള പറയണോള ബാക്കിയെല്ലാം അവരക്ഷം ഒന്നു ആരെയും അടിച്ചേൽപ്പിക്കുക അങ്ങനെ പിന്നെ ഇതിനെന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ ഗുണമുണ്ടോ ഗുണമാണോ ദോഷമുണ്ടെങ്കിൽ എന്റെ ദോഷമെന്നും ഞാൻ പറയത്തില്ല ഇതിനെന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ ഗുണം എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലും ശാസ്ത്രത്തിന്റെ ദോഷം തന്നെ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കേണ്ട യാതൊരു ആവശ്യം മൻസൂര സരസ്വതി അവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്കതിനോട് യോജിപ്പില്ല കാരണം അങ്ങനെ പറയുന്നുണ്ട് അവർക്കൊക്കെ ലാഭമാകും എനിക്കതുകൊണ്ടുണ്ടാവും അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ശാസ്ത്രത്തിൽ തോന്നും ഗുണമുണ്ടെന്നും ശാസ്ത്രത്തിൽ രണ്ടും ഉണ്ടാവും േയസാധനതയാ തതയ പാഠ്യം അതിന് വേണ്ട ശ്രേയസാധനതയാത്രസിദ്ധന ശാസ്ത്രസിദ്ധന ശാസ്ത്രം വിധി ചിരിക്കുന്ന ഹനം ശാസ്ത്രം എന്തായി ജീവിക്കുന്നത് ക്ഷത്രിയ നീ ശത്രുവിനെ കൊല്ലാ പറയും ശാസ്ത്ര സത്യമാണ് അതെന്താണ് ചെയ്ത ശാസ്ത്രങ്ങൾ മോക്ഷത്തിന് ഉപകരിക്കുന്നു എന്നോട് പറയുന്നത് തഥേം അതുകൊണ്ട് ആ കൃത്യമായി വായിച്ചുകാരണം ന്മാരെ കൊണ്ടുവരാൻ മോക്ഷം കിട്ടുമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് കൊല്ലുന്നു ചത്തുപോകുന്നു അവരല്ല എന്ത് കരുതന്മാറി കൊല്ലണം എന്നിട്ട് മോക്ഷം നേടും എന്നാൽ വളരെ വ്യക്തമായി പരമനിശ്രേശോണി സ്വർഗസ്വസ്തവും സ്വ അമൃതത്വപ്രകരണ പരമനുസ ഇവിടെ സ്വർഗം എന്നുള്ളൊരു പദം ഉപയോഗിച്ച് എന്ന് വിചാരിച്ചു ഈ പുരാണങ്ങളെല്ലാം പറയുന്ന സ്വർഗമാണോ ക്ഷീണേയും പുണ്യയും മർത്യലോകം വിസന്ധി എന്ന് പറയുന്ന സ്വർഗമാണ് ഇത് അമൃതത്വപ്രകരണമാണ് മോക്ഷത്തെ പറയുന്ന സന്ദർഭമാണ് തൊട്ടടുത്തു വനം വെച്ചാൽ പറയും അമൃതത്വായ പതേ എന്നൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് പരമനിശ്രയസമാണ് മോക്ഷം ഈ പരമനിശ്രയ മോക്ഷം എന്ന് കരുമ്പ നമ്മൾ ഈ അദ്വൈതം കേട്ട് കേട്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന മോക്ഷം വേറെയാണ് അതൊന്നും അല്ല ഇവിടുത്തെ മോക്ഷം ഇവിടുത്തെ മോക്ഷം എന്ന് പറയുന്നത് എന്താണ് ആ ശ്രീമന്ദ് നാരായണ പരമധാമത്തിൽ പോയി അവിടെ ഇതെന്ന് ആടിയും പാടിയും ഒക്കെ കഴിയും നാരായണനെ സ്തുതിച്ചു കഴിയുന്ന ആണ് ഈ നിത്യസൂലികളല്ലാത്തവർ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് യുദ്ധം ചെയ്തായാലും ഗുരുക്കന്മാരെ പോയിട്ടായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അതാണ് മോക്ഷം തിരിച്ചു വരുന്നില്ല പരമാനതുപോലത്തെ ഇവിടെ എത്തിച്ചേർന്നാലോ തിരിച്ചു വരാതിരിക്കും അതിനാണ് ഇവിടെ പറയുന്നത് അതിന് പറയുന്നത് ജ്ഞാനം ഉടനെ അജ്ഞാനം നശിക്കുക മോക്ഷം അങ്ങനെ അതൊന്നും അംഗീകരിക്കും അപ്പോ മോക്ഷത്തിന് സാധനമാണ് ശാസ്ത്രത്തിൽ ലഭിച്ചിരിക്കുന്ന ഫലങ്ങൾ പരമനുസരിച്ച് സർഗശത്വം ശത്രുവാത്ര വിശ്ലേഷിക്കാം തസ്താനപരോ പിന്നെ അതും പറയാം തസ്ഥാനം എന്ന് വെച്ചാൽ അമൃതത്വസ്ഥാനം ഏതാണോ ആ ആ കൈകൊണ്ട് അതാണ് അമൃതത്വസ്ഥാനം കാരണം അവിടെ ചെല്ലുന്നവൻ അമൃതത്വമാണ് മോക്ഷം മോക്ഷം ഒരു സ്ഥാനത്താകും സദ്യോക്തി അതുകൂടി അറിയിക്കും അമൃത എന്ന രീതി പറയുന്നുണ്ട് ഇത് രാമാനുജാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് എന്താണോ പ്രാജ്ഞേനാത്മനായി ജീവാത്മാവ് ക്രമ്യം ഈ ലോകത്തെ വിട്ട് ഉയർന്നുപോയി അമിത്മെൻസ് വസ്തുയിൽ പോകുകയും ആ വൈകുണ്ഠത്തിൽ സർവൻ കാമാനാത്വ എല്ലാ കാമങ്ങളെയും നേടിയിട്ട് അമൃത് സമവം മുക്തനായി അമൃതനായി ഇതേ മന്ത്രം തന്നെ സങ്കരാചാര്യ വ്യാഖ്യാനിക്കുന്നത് ഇവിടത്തെ ബോധമില്ല വരുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അമൃതനായി എന്ന് തോന്നിച്ച സർവാത്മഭാവം കൊണ്ട് അജ്ഞാനം നസിച്ച് സർവാത്മഭാവത്തിൽ പ്രാപിക്കുന്നു ഇതേ മന്ത്രത്തിൻ്റെ അമ്മ ശങ്കരാചാര്യ ഒരേ മന്ത്രങ്ങളും രാമാനുജാചാര്യൻ ിൽ പോയി അവിടെ നമ്മുടെ നേടുന്നത് ശങ്കരാചാര്യ പറയുന്നത് ഇവിടെ തന്നെ സർവാത്മഭാവം സർവാത്മഭാവം എന്ന് പറയുന്ന വാക്ക് തന്നെ പറയുന്നു അപ്പോ ഇതിലേതനുഭവം ചെയ്യും നിങ്ങൾ ഏതു പക്ഷം എന്നാലും നിങ്ങൾക്കൊരു വിശ്വാസമാണ് വിശ്വാസത്തിന്റെ പക്ഷം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇവരെഴുതി വയ്ക്കുന്ന അർത്ഥവും മനുഷ്യത്വർത്ഥവുമല്ല പിന്നെയോ ഞാൻ വളരെ മുമ്പേ പറഞ്ഞിരുന്നു പലർക്കും അലോചകമായിട്ട് അവരോട് മനസ്സിൽ ഇരിക്കുന്ന അർത്ഥങ്ങളാണ് ശങ്കരാചാരന്റെ അർത്ഥം ശങ്കരാചാരൻ രാമാനുജന്റെ അർത്ഥം രാമാനുജാചാര്യെ പറയും പഴി ഉപനിഷത്ത് ഉപനിഷത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പോ ഓരോരുത്തരും അവരുടെ മുന്നിലിരിക്കുന്ന അർത്ഥങ്ങളാണ് പറയുന്നതെങ്കിൽ ഇവർ പറയുന്ന അർത്ഥത്തിന് ശുദ്ധി അങ്ങനെ പ്രമാണമാണ് വേദം അങ്ങനെ പ്രമാണമാണ് ഓരോരുത്തരും പറയുന്നത് പരസ്പര വിരുദ്ധമായ ഒരു ചേർച്ചയും ഇല്ലാത്ത അപ്പോ ഇതൊക്കെ എന്താണോ ആചാര്യന്മാരുടെ ആശയങ്ങളാണ് അപ്പോ ഇവിടെ വേദമല്ല ബാണോ നമ്മൾ ആരായാലും പിന്തുടരുന്നത് ഈ ആചാര്യന്മാരെയും അവരുടെ ആശയങ്ങളെയും എന്താ വേദത്തിന്റെ ആശയ എന്ന് വെച്ചാൽ വേദത്തിന്റെ ആശയവും പറഞ്ഞാൽ ആർക്കേണ്ടർത്ഥവും പറയാം ബുദ്ധിയും കഴിവും വേണമെന്നുള്ളവര് അങ്ങനെ ബുദ്ധിയും കഴിവുമുള്ളവരാണ് ഇവർ രണ്ടുപേരും പരസ്പര വിരുദ്ധമായ പിന്നെ വേദം പ്രമാണം എന്ന് പറയുന്നത് ഇതൊരാചാരം പണ്ടത്തെ അതുകൊണ്ട് വേദം പ്രമാണം എന്ന് പറയുന്നതിന് പ്രതീക്ഷ അർത്ഥമുണ്ട് പിന്നെ ചിലത് പറയുന്നതാണ് വേദത്തിലെ എല്ലാ അർത്ഥങ്ങളും പറയും എല്ലാ അർത്ഥങ്ങളും വേദത്തിലുണ്ട് ഫിസിക്സൊക്കെ കെമിസ്ട്രിയുണ്ട് ബയോളജി എല്ലാം അതുപോലെ അദ്വൈതമുണ്ട് അദ്വൈതമുണ്ട് ശരിയൊക്കെ സംബന്ധിച്ചു അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പരസ്പര വിരുദ്ധമായി സംസാരിക്കണെങ്കിൽ ആ വ്യക്തിയെന്ന് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും അവിടെയാണ് പ്രശ്നം അതായത് ഇതൊരു നിസ്സാര വേദത്തിന് എല്ലാ അർത്ഥമുണ്ടെന്ന് പക്ഷെ എല്ലാ അർത്ഥവും പരസ്പരം വിരുദ്ധമാകും വിരുദ്ധമായാൽ പിന്നെ എല്ലാ അർത്ഥവും അവിടെയാണ് പ്രശ്നം പ്രതികൾക്ക് കെമിസ്ട്രി ഫിക്സും മാത്സും ഒക്കെ വേദത്തിലുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കാര്യം പരസ്പര വിരുദ്ധമല്ല ഒന്ന് മറ്റൊന്നിനു പൂര കാണതൊക്കെ വേദത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാലത്തെ പരസ്പരം കണ്ടിട്ട് അവരോട് പക്ഷത്തെ സമർപ്പിക്കുന്നവരോട് ഒന്നും മറ്റൊന്നിനെ സഹായിക്കുന്നതാണ് പക്ഷെ ഇവിടെ അങ്ങനെ നമ്മുടെ ദർശനത്തിലേക്ക് വരുമ്പോൾ ഒന്നും മറ്റൊന്നിനെ ഓരോ സഹായിക്കുന്നു നീ പറയുന്നതിന് വിരുദ്ധമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതിന് വിരുദ്ധമാണ് നീ പറയുന്നതാണ് ഇതാണ് എന്റെ സത്യം പിന്നെ എല്ലാ അർത്ഥവും വേദത്തിൽ പറയും നീ പറയുന്ന അർത്ഥങ്ങളിലോ വേദത്തിൽ പറയുന്ന പറയും പരസ്പര വിരുദ്ധമായതുകൊണ്ട് തന്നെ ഇത് വേദാർത്ഥമായി സ്വീകരിക്കാൻ പറ്റില്ല ആചാര്യന്മാരുടെ അർത്ഥമാണ് അതുകൊണ്ട് ശങ്കരാചാര്യർ എന്താണ് ഭാഷ എഴുതിയെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് രാമാനുചാര്യര് അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ഭാഷ എഴുതിയത് ഈ പരസ്പര വിരുദ്ധമായ രണ്ടർത്ഥവും ഒന്നിനു വരില്ല സമന്വയിക്കുന്നുണ്ടെങ്കിൽ നോക്കാം ഒന്നിന്റെ അർത്ഥം അതാണ് രണ്ടും വേദാർത്ഥവും ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല കെമിസ്ട്രി ഫിസിക്സ് ഒന്നും കൊണ്ടുവരല്ല കുറഞ്ഞ പക്ഷെ ആന കുറച്ചൊന്നും പോകരുത് നിങ്ങൾക്ക് പലരും പറയുന്ന കേൾക്കുന്നുണ്ട് ഞാൻ നമ്മളെ നിങ്ങളുടെ മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് ആചാര്യന്മാരുടെ അവർക്കറിയാം അവർക്ക് അവരവരുടേതായ കാഴ്ചപ്പാടം അതുണ്ടാകാറുണ്ട് എനിക്ക് എന്താ കാഴ്ചപ്പാടുകളും നിങ്ങൾക്ക് നീങ്ങുന്ന കാഴ്ചപ്പാടങ്ങളോ അത് സ്വാഭാവികമാണ് ആ ചിലപ്പോൾ പരിസ്പര വിരുദ്ധമായിരിക്കും അതൊരു അത് ശരിയല്ലെന്നാണ് പറയാം നിങ്ങളുടെ വേദം പ്രമാണമാക്കുന്നവർക്ക് ദോഷങ്ങളാണ് അനന്ത സ്വർഗേ ലോകെ പ്രതിഷ്ഠ അനന്തമായ സ്വർഗലോകം നമ്മുടെ പ്രതിനിഷ്ഠ ഇവിടെയും സംഗ്രഹത്തെ വ്യാഖ്യാനിക്കുന്ന എന്താണ് അനന്തമായ സ്വർഗലോകം എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നയിച്ചു വരുന്ന മുക്തിയാണ് അല്ലാതെ ഒരു ലോകമാണ് പക്ഷെ രാമാനുചാചാര്യെന്താ പറയുന്നത് അതൊരു ലോകമാണ് രാമാനുചാചൻ ചോദിക്കുന്നത് ഇവിടെ ലോകം എന്ന് വ്യക്തമായി എഴുതിയിരിക്കുകയല്ലോകം പെട്ടിട്ട് സർവാത്മഭാവം കുറെ സംഗ്രഹിയോ ഇതൊന്നും രാമാനുചാരി നേരിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല ഉപനിഷത്തുകൾ വ്യാഖ്യാനിച്ചിട്ടില്ല പക്ഷെ ഉപനിഷത്തുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മറ്റു സന്ദർഭങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ലോകത്തെ ലോകമായിട്ട് തന്നെയാണ് സ്വർഗ്ഗലോക അമൃതത്വം ഭജന്തേ സ്വർഗലോകത്തിൽ എത്തിച്ചേരുന്നവർ അമൃതത്വത്തെ ഭജി ഇവിടെ ശങ്കരാകാര് പറയും സ്വർഗക്കാലേക്ക് കണ്ടിഷ്ടത്തിൽ സ്വർഗത്തിൽ പോകുന്ന നാചികേയുടെ അഗ്നിയെ കുറിച്ച് പറയുന്ന സന്ദർഭം ഒരു കർമ്മത്തെ കുറിച്ച് പറയും ആ കർമ്മത്തിന്റെ ഫലം സ്വർഗത്തിൽ പോകുന്ന അപ്പൊ പിന്നെ അവിടെ അമൃതത്വം കിട്ടും അവിടെ പറയാതെ ആപേക്ഷികമായ അത്വമാണ് മന്ത്രത്തിൽ പറയുന്നത് ആപേക്ഷികമായ മത്വം ഇല്ല അതുകൊണ്ട് രാമാനുരാചാര്യെന്ന് പറയും എന്താണ് സ്വർഗ്ഗ ലോകം എന്ന് പറയുന്നത് ശ്രീമന് നാരായണന്റെ ലോകമാണ് അവിടെ ചെന്നുകഴിഞ്ഞാൽ അമൃതത്വം തന്നെയാണ് തിരിച്ചു വരാത്ത ഇതൊക്കെ ശ്രുതിയുടെ അഭിപ്രായമാണോ അത് അവരവരുടെ അഭിപ്രായമാണ് ഞാനിത് ആദ്യോഗ ഇങ്ങനെ പറയുമ്പോൾ പലരും ഇവിടെ നിന്നെല്ലാം പുറത്ത് അതിന്റെ രണ്ട് കുതിരകയെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം മനസ്സിലാവും ഈ മുറി വിദ്യ വലിയ അദ്വൈതം മാത്രം മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി മനസ്സിലാക്കി അദ്വൈത അന്ധന്മാരായി തീരുന്നവരാണ് അദ്വൈതം കൊണ്ട് അന്ധരായ അവർക്ക് ലക്ഷ്യം എന്താണ് മറ്റൊരു രാജാരിൽ പറയുന്ന അതും മനസ്സിലാക്കി ഒന്നിനും അന്ധത അന്ധന്മാര രാജ്യം സുരാണമൊപ്പം ജാതിപത് ഇത് അഭ്യനന്ദൻ എന്ന് പറഞ്ഞെന്താണ് നപ്പാമി മമാപരി ബഹി യോ ഘോഷ ഇന്ദ്രിയവാപ്യ ഭൂമൗ അസവസ്ഥ ഋദ്ധം രാജ്യം സുരാണ വിജാധിപത്യം എന്നെ മുഴുവൻ ചുട്ടരിക്കുന്നു എന്റെ ഈ താപം ദുഃഖം അതിനെ ശമിപ്പിക്കുന്നതിന് ഒരു ഉപായവും നൽകുന്നു കാരണം യുദ്ധം ബന്ധുക്കളെ കൊല്ലന്ന് മാത്രമല്ല യുദ്ധത്തിന്റെ നാശം അതും അർജുനും പറയുന്നു യുദ്ധമുണ്ടാക്കെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ വല്ലാതെ വിയർക്കുകയാണ് വരയ്ക്കുകയാണ് എന്റെ ഉള്ളിൽ എരിയുകയാണ് എല്ലാ കാര്യങ്ങളും എന്താണ് ആ കഥാപാത്രം പറയുന്നു അപ്പോ യുദ്ധത്തിനെതിരായിട്ട് എത്ര തീവ്രമായ വികാരങ്ങൾ വന്നാലും എത്ര പ്രബലമായ കാഴ്ചപ്പാടുകൾ വന്നാലും ശരി അതിലൊന്നും പിന്തിരിയരുത് എന്നാണ് ഇവിടെ പറയുന്നത് അതെത്ര പ്രബലമായ യുദ്ധം ചെയ്തേ അപ്പോ ഈ പദ്യത്തിൽ തന്നെ പറയുന്നത് കാണാം അതോവാ മരിച്ചു ജയിച്ചാലോ രാജ്ഞ സുഖം ഇത് അതിൽ നിന്ന് നേരത്തെ അറിയാവുന്ന കാര്യമാണ് അതാണ് അവാപ്യഭൂമവും അസപത്മർദ്ധം ശത്രുക്കളില്ലാതെ ഈ രാജ്യത്തിൽ എല്ലാ സംഭോഗങ്ങളും ലഭിച്ചാലും എന്ന് പറഞ്ഞാൽ ശത്രുക്കളില്ലാതെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ശത്രു പക്ഷത്തിരിക്കുന്ന എല്ലാവരെയും വന്നതിന് ശേഷം ആധിപത്യം കിട്ടിക്കഴിഞ്ഞാലും സുരാണ ആധിപത്യം പിന്നെ മരിസ് സ്വർഗത്തുപോയി അവിടെ ദേവേന്ദ്രൻ നായ അനുസരിച്ച് എന്റെ ഈ ദുഃഖത്തിന് പരിഹാരമുണ്ടാവും ഈ രണ്ടു കാര്യമാണ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് ഇത് തന്നെ അർജുനം പറയുന്നത് രണ്ടും വേണ്ട അർജുനൻ അറിയാത്ത പോയാൽ തീരെ അറിയാൻ പോയത്ത ഒരു കാര്യം പറഞ്ഞ് അർജുനനെ യുദ്ധത്തിലേക്ക് തള്ളി വിടുന്ന അല്ല രണ്ടു കാര്യം വ്യക്തമായി അർജുന മുമ്പ് തന്നെ പറയുകയാണ് യുദ്ധത്തിനെ ഒരു പ്രലോഭനമാക്കുന്നതിന് വേണ്ടി പരമാവധി എന്ത് പറയാമെന്നുള്ള അർജുനറിയോ അർജുനൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനറിയാം അല്ലെങ്കിൽ അർജുനൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ട് യുദ്ധ പുറിയന്മാരോ എന്ത് ചെയ്യും അങ്ങനെ ഒരു കഥാപാത്രത്തിലൂടെ യുദ്ധത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കണം അതെത്ര ഹിംസാത്മകമായ എത്ര നാശോ ദുഃഖമാണെങ്കിലും ശരി അത് ചെയ്തേ രീതിയിലും ബോധ്യപിക ആദ്യം തന്നെ അങ്ങനെ തള്ളിക്കളയാണ് എനിക്കത് രണ്ടും വേണ്ട കാരണം അതിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും ഇപ്പൊ തന്നെ അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് വേണ്ടെന്നാണ് വീണ്ടും എന്ത് ചെയ്യുന്നു അത് ഞാൻ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഒന്ന് വീണ്ടും ഉറപ്പിക്കുക ചെയ്തേ പറ്റൂ ഗവൺമെന്റ് സന്ദേശം ഖ്യാനിക്കുന്നവരല്ല ഞാനും വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പോ വലിയ വലിയൊരു മഹത്വമായിട്ട് പറയുന്ന എന്താണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുകൾ എന്ന് പറയുന്ന വലിയൊരാശയമാണ് പറയുന്നത് എന്നാണ് അപ്പോ അതാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതി യുദ്ധത്തിൽ നിന്ന് പിന്മാറാമോ എന്ന് വെച്ചാൽ പഴയ ബാർബേറിയൻസിന്റെ യുദ്ധമുണ്ടാവും അവിടെ പിന്മാറ്റം അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് കുന്നും എന്നും പരമാവധി കൊല്ലുക ജയിക്കുക ഇതാണ് പഴയ സിദ്ധാന്തം പണ്ടത്തെ കാലം ഈ രണ്ടായിരം വർഷങ്ങൾ തൊക്കെയുള്ള ഗോത്രങ്ങൾ എങ്ങനെയാണ് ചിന്തിച്ചത് അവിടെ അതൊക്കെ ശരിയായിരുന്നു പക്ഷെ ഇന്നൊക്കെ ശരിയായി ഇന്നങ്ങനെ ചിന്തിച്ചാൽ ശരിയോ ഇന്നിപ്പോ നമ്മളിവിടെ യുദ്ധത്തിൽ പിന്മാറിയിട്ട് ശരി പ്രായോഗികൾ എന്തുകൊണ്ട് പിന്മാറി എത്ര ദിവസം നടന്നു ഓപ്പറേഷൻ നാലേ നാല് ദിവസം മൂന്നും പറയും നാല് ദിവസം നടന്ന രണ്ടു കൂട്ടരും കൂടിയാലോപിച്ച് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചെന്തുകൊണ്ടാണ് അല്ല ഈ ഇവിടെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ യുദ്ധത്തിൽ പിന്മാറാൻ പാടില്ല തുടങ്ങിപ്പോയല്ലോ ഒരു വലിയ യുദ്ധം ആയിരുന്നെങ്കിലും പിന്മാറാൻ പാടില്ലെന്ന് തന്നെ പറയും ഇപ്പൊ ഗീത വൈകാനിക്കുന്നത് എങ്ങനെ വെക്കാനും രണ്ടൂട്ടിലും അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താണ് അതൊരു തീരുമാനമായി പ്രഖ്യാപിക്കട്ടെ ഞങ്ങള് പിന്മാറുകയാണ് അപ്പൊ യുദ്ധം എന്താണ് യുദ്ധം ചെയ്ത് മുടിക്കാനുള്ളത് മാത്രമല്ല യുദ്ധം പിന്മാറാനുള്ളതുമാണ് അപ്പൊ യുദ്ധം ചെയ്യലെല്ലാം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ആ പഴയ കാലത്തെക്കാട് അതിനുവേണ്ടിയാണ് ഗീത എന്തൊക്കെയും വ്യാഖ്യാനിക്കുന്ന പരമാവധി അത് യോജിക്കുന്ന ഒരു കാര്യം പിന്മാറുക എന്ന് പറയുന്നത് എന്താണ് അതാണ് രാഷ്ട്രീയമായും നയതന്ത്രപരമായും എന്നുള്ള വളരെ പക്വമായ എന്തുകൊണ്ട് പിന്മാറുന്നു അതുണ്ടാക്കുന്ന നഷ്ടങ്ങൾ അതിനെ പരിഗണിച്ചിട്ടാണ് തീരുമാനം ഭാവിയിലുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ രണ്ടു കൂട്ടം ഒരു കൂട്ടർക്ക് മാത്രം രണ്ടു കൂട്ടർക്കും നഷ്ടങ്ങളുണ്ടോ അതുകൊണ്ടന്നെ ഇത് രണ്ടുപേരെ തീരുമാനിക്കുന്നത് ഉന്മാറും ആ ഉന്മാറുന്നതിനുള്ള തീരുമാന തീരുമാനം ഏറ്റവും പക്വുമായിരിക്കും പക്ഷേ യുദ്ധം കൊണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിരിക്കുന്നു യുദ്ധത്തിൽ ഡേ മാത്രമേ സംഭവിക്കുന്നു സ്വപ്നം കാണുന്ന വ്യക്തികൾക്ക് അതൊന്ന് മനസ്സിലാക്കാം രണ്ടുമുണ്ടാവും നഷ്ടമുണ്ടാവും ലാഭമുണ്ടാവും അപ്പോ ഉചിതമായ സമയം പിന്മാറേണ്ട സമയം യുദ്ധത്തിൽ നിന്ന് പിന്മാറ രണ്ടു കാര്യം സാധിച്ചു ഓപ്പറേഷൻസ് ഉണ്ടോ തീവ്രവാദത്തിനോട് പ്രതികരിച്ച് അതും നടക്കും എന്നാൽ സർവനാശത്തിലേക്ക് പോകാവുന്ന ബിന്ദ്രനുമാറിയില്ല അപ്പൊ ഇത് രണ്ടു പക്വമായ തീരുമാനമാണ് ആ പക്വുമായ തീരുമാനം എടുത്ത രാഷ്ട്രീയ നേതൃത്വത്തെ രാജ്യ നേതൃത്വമൊക്കെ അംഗീകരിച്ചേ മതിയാവും ബാക്കി പിന്നെ അതിന് എന്താണ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് നഷ്ടമുണ്ടായി അതൊക്കെ ലാഭം ഉണ്ടായി അത്തരം കണക്കെടുക്കുന്നതെന്നൊന്നും വലിയ അർത്ഥമില്ല അർത്ഥവത്തായ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ രണ്ട് തീരുമാനങ്ങളുമാണ് തീവ്രവാദത്തോട് പ്രതികരിക്കുക അതൊരു യുദ്ധമാണ് ചെറിയ രീതിയിലാണ് ഓപ്പറേഷനാണ് പിന്നെ രാജ്യത്തിന്റെ ഭാര്യയാണ് അതിൽ നിന്നും പിന്തിരിയുക പിന്തിരിയാതിരിക്കാൻ പറ്റത്തില്ല കാരണം നോക്കുക ഇപ്പോ അല്പം യുദ്ധ പറ്റാത്തോട് പറയാമോ യുദ്ധമല്ലോട് എന്ന് പറയാമല്ലോ എന്തിനു പറയുന്നു ഹമാസ് ഇസ്രായേലിനോട് എന്ത് ചെയ്തോ അതാണ് തീവ്രവാദികൾ എന്തിനോട് ചെയ്തത് അതേ സംഭവം തന്നെ പക്ഷെ ഇസ്രായേലിന്റെ യുദ്ധം എത്ര കാലമായി തുടങ്ങി തീരുമാനമാണ് എന്തുമാത്രം നാശനഷ്ടങ്ങളുണ്ടായി അവസാനിപ്പിക്കാൻ പറ്റുന്നു അങ്ങനെയാണ് യുദ്ധം തുടങ്ങി അവസാനിപ്പിക്കണം പക്ഷെ നമ്മുടെ യുദ്ധം ഒരു നാലേ നാല് ദിവസം കൊണ്ട് അവസാനിപ്പിച്ച് വീണ്ടും ഒരു സാധ്യതയുണ്ടോ അത് ശരി അതപ്പോ വരുമ്പോൾ കാണും തക്കാലാതെ അവസാനിപ്പിച്ച ആൾക്കാർ സമാധാനം പ്രത്യേകിച്ചും അതിന്റെ കഷ്ടപ്പാടുകളെ അനുഭവിച്ചാൽ നമ്മൾ എന്താണ് ബോർഡറിൽ നിന്നൊക്കെ പോകാൻ വളരെ അകല നല്ല എ സി മുറികളിലൊക്കെ ഇതുവന്ന് അത് നടക്കട്ടെ അടിക്കട്ടെ അടിക്കട്ടെ ജയിക്കട്ടെ എന്ന് പക്ഷെ ആ ബോർഡറ് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് യുദ്ധത്തിൽ സംഭവിക്കാവുന്നതല്ല അവിടെ സംഭവിച്ച് എന്താണ് ഹ്യൂമൻ കാഷ്വാലിറ്റീസ് മരണങ്ങൾ സംഭവിച്ചു കിടപ്പാടം വിട്ട് ഓടിപ്പോയി ഒരുപാട് മനുഷ്യർ അവരുടെ പശ്ചിതങ്ങൾക്ക് ഒരുപാട് നാശങ്ങൾ സംഭവിച്ചു രണ്ടു ഭാഗത്ത് സംഭവിച്ചു ആ മനുഷ്യരിൽ അനുഭവിക്കുന്ന വേദന ഒരു രാജ്യം കൂടുതൽ അനുഭവിക്കേണ്ടി വന്ന അത് വളരെ ഭീകരമായൊരവസ്ഥയില്ല കാരണം ഇതൊരു ചെറിയ പ്രദേശമില്ല നൂറ്റി നാൽപ്പതോളം ജനങ്ങൾ നിയമിക്കുന്ന വലിയൊരു പ്രദേശം വലിയൊരു യുദ്ധം എന്ന് പറഞ്ഞാൽ അന്ന് അതിർത്തിയിൽ മാത്രം നിൽക്കുന്നു അതിന് കടന്നു അപ്പൊ അതിന്റെ കെടുതികൾ മനുഷ്യ അനുഭവിക്കുമ്പോൾ രാജ്യം ഒരുപാട് നടക്കുന്നു ഏറ്റവും പ്രധാനമായി വരുന്ന എന്താണ് സാമ്പത്തിക വളർച്ച ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നിർത്തുന്നത് വേണ്ടെന്ന് അല്ല യുദ്ധം നടത്തി ഞങ്ങളെ ജയിച്ചു അതുകൊണ്ടിന്റെ നിർത്തി കളയാവുന്നതാണ് അതുകൊണ്ടാണ് അവിടെ പത്രസമ്മേളനം പറയുന്നവർ ചോദിച്ചു നഷ്ടത്തിന്റെ കണക്ക് അപ്പോൾ സേന നായകൻ പറഞ്ഞാൽ യുദ്ധത്തിൽ നഷ്ടത്തിന്റെ കണക്ക് പറയേണ്ട കാര്യമില്ല നമ്മളെന്ത് നേടിയെന്ന് നോക്കിയാൽ മതി നേട്ടത്തോടൊപ്പം നഷ്ടം ഉണ്ടെന്ന് പറയാതെ പറയൂ പക്ഷെ അത് പറയാൻ പാടില്ല എന്തുകൊണ്ട് യുദ്ധസമയത്തിൽ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞാൽ അത് പറയുന്നതുപോലെ ദൗർബല്യമായി വിലയില്ല അത് യുദ്ധതന്ത്രത്തിൽ ദോഷം ചെയ്യണം അതുകൊണ്ടാണ് പറയാറ് എന്താണ് സ്വന്തം ഗവർണറ്റത്തെ പെളിപ്പെടുത്താൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹത്തിൽ നഷ്ടങ്ങളുണ്ടാകുന്ന സ്വാഭാവികമാകും നമ്മളിപ്പോ നേട്ടത്തെക്കുറിച്ച് സംസാരിച്ചതാണ് അപ്പൊ നഷ്ടത്തെ അംഗീകരിക്കണം ഈ ചാനലിൽ ഇരുന്ന് ഗർജിക്കുന്ന പോലെ തന്നെ നഷ്ടവും സംഭവിക്കും പക്ഷെ അത് ഈ ശൈലയുടെ മനോവീര്യത്തെ സൃഷ്ടിച്ച് ജനങ്ങളുടെ മനോവീര്യത്തെ അതുകൊണ്ട് ലാഭം മാത്രമായിട്ടൊരു യുദ്ധമില്ല എന്തുമാത്രം സമ്പത്താണോ അതിനുവേണ്ടി ചെലവഴിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ അതായത് ഞാനിപ്പറയുന്ന എന്താണ് യുദ്ധമെന്ന് പറയുന്നത് യുദ്ധം ചെയ്ത് മുടിയാനുള്ളതല്ല ഉചിതമായ തീരുമാനം എടുത്ത് പിന്തിരിയാനുള്ളത് ഇവിടെ ഈ രീതിയിൽ പറയുന്ന ആശയം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് അറബിക്കടലിൽ തള്ളേണ്ട ആശയമാണ് വി വ്യാഖ്യാതാക്കൾ പറയുന്ന രീതിയുടെ ആശയം തന്നെയാണ് പിന്തിരിയേണ്ട സമയത്ത് അക്കാര്യത്തിൽ എന്താണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ പ്രധാനമന്ത്രി അവിടെയൊക്കെ പക്വമായ തീരുമാനം അങ്ങേറ്റവും പ്രശംസനീയമാണ് കാര്യത്തിന് യാതൊരു സംശയമില്ല വസ്ത്രനിഷ്ടമായിട്ടുള്ള എന്തുമാത്രം ഉണ്ടാവും രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ട പണമെല്ലാം ആയുധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക കത്തിച്ചു കളയുക എന്നതിന് മനുഷ്യൻ ഇത്രയും വലിയ നാശങ്ങൾ ഉണ്ടാക്കുക രാജ്യത്തിന്റെ വിഭവങ്ങളെയൊക്കെ നശിപ്പിക്കുക ഇപ്പൊ ഇസ്രായേലൊക്കെ എവിടെ ചന്ദിയിക്കുന്നു വലിയ വഴികളിലേക്ക് നശിപ്പിക്കുകയാണ് ട്രംപും കൈവിടുന്ന മട്ടാണ് സുഖകരമല്ല അവന്റെ ഏർപ്പാട് യുദ്ധം തീട്ടിക്കൊണ്ടുപോയ ഇതിപ്പോ ഈ യുദ്ധം നടന്നു നോക്കുന്നു യാതൊരു വിലയും ജിയോ പൊളിറ്റിക്സിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലാതെ അവരാരും പരിഗണിക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യക്ക് അതല്ല ഇന്ത്യക്ക് എന്താണോ ലോക ഒരു സ്ഥാനം നിലനിർത്തുന്നത് യു എൻ നോവിടെയും ഇവയില്ല ഇത് അവർ അവസാനം ചെയ്യുകയോ എന്നാലും പറയുന്ന അഭിപ്രായം മറ്റുള്ളവർ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മനോഭാവികൾക്കെതിരായ ഒരുപാട് വിഷയങ്ങൾ സാമ്പത്തികം മാത്രമല്ല ഇതിനകത്ത് കഴിയുന്ന ജനങ്ങൾ യുദ്ധം തുടർന്നുപോയാൽ സംഭവിക്കുന്ന എന്തല്ല എന്തെല്ലാം തരത്തിലുള്ള നഷ്ടമുണ്ടാവും അതൊന്നു നോക്കാം ടൂറിസം ടൂറിസം വന്നു തകർന്നിട്ട് ഇന്ത്യയുടെ ജി വലിയൊരു സംഭാവന ചെയ്യുന്നതാണ് ടൂറിസം ഇന്ത്യയ്ക്ക് ടൂറിസത്തിൽ നിന്ന് വലിയ വരുമാനമാണ് കാരണം വലിയ ഭൂപ്രദേശം ഇത്രയും ജനങ്ങളും വളർന്നു ആഭ്യന്തര ടൂറിസം പുറമേ ഇത് പൂർണ്ണമായും എനിക്ക് പദമുണ്ടാക്കുന്ന നഷ്ടം പിന്നെ എന്തുകൊണ്ടാണ് മറ്റൊരു രാജ്യങ്ങൾ ഒരു യുഗം നൽകുമെന്ന് ഇടപെടുന്നത് കാരണം ഇന്ത്യയിൽ ഉള്ള എഫ് ഡി ഐ ഫോറിൻ ഡയറക്ട് വളരെ കൂടുതലാണ് സ്വാതി പോലെയുള്ള രാജ്യങ്ങളൊക്കെ കോളികളെ ലോഡുകളിൽ നിക്ഷേപിച്ചു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ നഷ്ടം വരും നമുക്ക് മാത്രമാണ് അവരുടെ എല്ലാം ബിസിനസ് വെള്ളത്തിൽ അതുകൊണ്ടാണ് അവരെല്ലാം ഒന്ന് സമാധാനത്തിന് അത് ഉള്ളത് പൊളിയും ഇനി വരത്തില്ല യുദ്ധം തീരുന്നത് അങ്ങനെ ഈ പൊട്ടന്മാർ ഒന്നും ഇപ്പൊ നമ്മുടെ ഇപ്പോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എല്ലാം എല്ലാം നിൽക്കുന്നു ഈ പണമെല്ലാം കടമെടുത്താൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ കടം തരത്തില്ല എന്തുകൊണ്ട് അവർക്ക് പറയാൻ ന്യായമുണ്ട് പണം യുദ്ധത്തിന് ചെലവഴിക്കും ഇപ്പൊ പാകിസ്ഥാനോട് അയ്യുമ്പോൾ പറഞ്ഞു ഇനി ഞങ്ങൾ പണം തരത്തില്ല സംഘർഷം പണം കടം കൊടുക്കത്തില്ല പലതരത്തിലും നാശം ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് ഇവിടെ ഈ രീതി പറയുന്ന ആശയം എന്താണ് യുദ്ധത്തിന് ഇറങ്ങിയ പിന്മാറരുത് എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്തിനോട് ഒരിക്കലും പറയാൻ പറ്റില്ല ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ പിന്മാറണം എന്നുള്ളതാണ് ഇന്നത്തെ നിലപാട് അത് എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്ക് പാലേസ് എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ കാലമല്ല ഭീഷണി നിലനിർത്തിയിട്ടുണ്ട് നല്ലതാണ് പക്ഷെ എന്നാലും ഈ സാഹചര്യങ്ങളെ വീണ്ടും ഉണ്ടാവും എന്തുകൊണ്ട് ഈ ആശയ ലോകത്തുള്ളടത്തോളം കാലം എന്താണ് മരിച്ച എന്നൊരു മതം പഠിപ്പിക്കുമ്പോൾ ഈ ആശയത്തെ വ്യക്തമായി പറഞ്ഞ ഇത്തരം ആശയങ്ങളെ പഠിപ്പിക്കുന്ന മദ്രസകളുള്ളിടത്തോളം ഉണ്ട് അവിടെ കുട്ടികളെയൊക്കെ മരിച്ച സ്വന്തത്ത് പോകാൻ ഒക്കെ പഠിപ്പിച്ചു വിടുന്നിടത്തോളം കാലം ഈ മത തീവ്രവാദം ലോകത്ത് നിന്ന് പോകുന്നില്ല ഒരു സംശയവും അതിനുവേണ്ടി മരിക്കാനാകാറുണ്ട് അവരിങ്ങനെ മരിക്കാൻ നടക്കുമ്പോ ഇവിടെ ഇനി എന്തൊക്കെ സെക്യൂരിറ്റി ഏർപ്പെടുത്തി ഒരിക്കലും ഇന്ന് തടയാൻ പറ്റില്ല നിങ്ങൾ കാശ്മീരിൽ പോയിട്ടുള്ളവർക്കറിയാം കാശ്മീരിൽ ചെന്ന് കണ്ടാലറിയാം ഞാൻ ഒരിക്കൽ പോകുമ്പോൾ ഈ തീവ്രവാദമുള്ള സമയത്തേ ഞാൻ പോയി നമ്മളീ ദീർഘദൂരം ജമ്മുവിൽ നിന്ന് ബസ്സിൽ സഞ്ചരിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും വളരെ ഹൈറ്റുള്ള വളരെ ദുർഘടമായ പർവ്വത നിരങ്ങൾ മൂന്നോ രണ്ടോ മൂന്നോ നാലോ നൂറോ ആയിരം എന്ന പർവ്വതങ്ങൾ ഇവിടെ മുഴുവൻ സൈന്യത്തെ കൊണ്ടൊന്നും നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ നൂറ്റി നാപ്പത് കോടി ഒരു നാൽപ്പത് കോടി പേർപ്പെട്ടാണ് അവിടെ സെക്യൂരിറ്റി സാധ്യമായ കാര്യങ്ങൾ പുതിയ വല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണം വല്ല സാർട്ടിഫിലേറ്റും എന്നാൽ കണ്ടുപിടിക്കാൻ പറയാസോ അത്രയും ദുർഘടമായ അവിടെ എവിടെ ഒരു മരത്തിന്റെ ചുവട്ടുള്ള ഒരാൾ ഒളിഞ്ഞിരുന്നാൽ കണ്ടുപിടിക്കാൻ പ്രയാസം ഈ മലകളും ഗുഹകളും ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് അവിടെ ഒളിച്ചിരുന്നിട്ട് ഒരു സെക്യൂരിറ്റി കായാൻ പോകുന്ന സമയത്തൊന്നും ഒരു ആക്രമണം നടത്തി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സെക്യൂരിറ്റി കൊണ്ട് ഇത് തടയാൻ പറ്റും പ്രയാസം ഒരു ആഭ്യന്തര തീവ്രവാദമാണെങ്കിൽ നമുക്ക് തടയാം മതത്തിന്റെ പേരിലാണെങ്കിൽ ആഭ്യന്തരമായ തടയാം നോക്കാം ശ്രീലങ്കയിലെ തീവ്രവാദം അതില്ലാതെയും അതുകൊണ്ട് മതത്തിന്റെ പേരില്ല ഇപ്പൊ മാവോയിസ്റ്റ് തീവ്രവാദം ഇല്ലാതാക്കുക മതത്തിന്റെ പേരില് അവരെയൊക്കെ ഇല്ലാതാക്കിയ തീറും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ മാവോയിസ്റ്റ് തീവ്രവാദം ഇല്ലാതെയാവും ഉറപ്പായിട്ട് നശിപ്പിക്കാം പക്ഷെ മത തീവ്രവാദം ഒരിക്കലും ഇല്ലാതാക്കാൻ മതം കൊണ്ടെടുത്തോളാൻ സാധിക്കും അപ്പൊ പിന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു എന്നും അതിനേ സമയം വരും എന്നും യുദ്ധം ചെയ്യേണ്ടി വരും ഇതായിട്ട് അതൊരു പിന്നെ എന്താണ് അപ്പോ അപ്പോ ഇതുപോലെ ഓരോ ഓപ്പറേഷൻ നടത്തുക എന്നുള്ളതല്ല അതിനപ്പുറം യുദ്ധം കൊണ്ടത് പരിഹരിക്കാൻ പറ്റിയില്ല ഒരിക്കലും കാശ്മീരിൽ നടക്കത്തില്ല കാശ്മീർ പോയി കണ്ടിട്ടുള്ളവർക്ക് ഇതേ സംഭവം ഇനിയും ആവൃത്തി നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ അവർ കാരണം അതാണ് അവിടുത്തെ സ്ഥിതി അത് കണ്ടവർക്കെ മനസ്സിലാക്കുക ഞാന് പിന്നെ അമർനാഥ് യാത്ര പോയപ്പോൾ ആദ്യം രണ്ടാമത് മുടക്കേണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിന്റെ സൈഡിൽ ഉദമ്പൂർ പോലെയുള്ള സ്ഥലങ്ങളെല്ലാം ഒരാള് കാണത്തക്ക ദൂരത്തിൽ ഇത്രയും കിലോമീറ്റർ ദൂരം നൂറുകണക്കിന് കിലോമീറ്റർ ദൂരത്തിൽ പട്ടാളം മറ്റ് സെക്യൂരിറ്റി ഫോഴ്സുകൾ നിർത്തിയിരിക്കുകയാണ് തോക്കം പിടിച്ച് അങ്ങനെ നിർത്തിയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് അനന്തനാഥിലോമറ്റോളന്നു അവിടെ ഞങ്ങൾ ടെൻ്റ് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നോക്കിയപ്പോ എന്താണ് നേരത്തെ കണ്ടിട്ടില്ല നോക്കിയപ്പോൾ ഞാൻ കണ്ടു നിർത്തുന്നുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ എനിക്കിപ്പോൾ അറിയുന്നത് ഒരു ടെന്റ് അടിച്ചതിന്റെ ഭാഗത്ത് വനത്തിൽ റോക്കറ്റ് വന്ന് കിട്ടി ഇത്രയും സെക്യൂരിറ്റി മരിച്ചെന്നോ അതൊന്നും നമുക്കറിയില്ല നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷെ അന്നും അത് സംഭവിച്ചു നമ്മളോട് വ്യത്യാസം മലയാളികളായ പട്ടളക്കാർ ഉണ്ടായിരുന്നു അവരാണ് പറഞ്ഞത് പുറത്തെറങ്ങരുത് രാത്രി അവിടെ റോക്കറ്റ് ആക്രമണം ഒരു ഭാഗം അറിയില്ല മരിച്ചോ എന്ന് ചോദിച്ചോ പറഞ്ഞു ഇത്രയും അറിഞ്ഞാ മതി കൂടുതലൊന്നും എന്നാണ് നമ്മളോട് പറഞ്ഞത് എനിക്ക് നമ്മളോട് സംസാരിച്ച് രണ്ട് പട്ടാളക്കാരാണ് ഒരാളൊരു മുസ്ലിം ഒരാളൊരു ഹിന്ദു രണ്ടിലൂടെ ചേർന്നായ്മ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നതും അവരാണ് ഞങ്ങളെ പട്ടാളക്കാരുടെ ടെന്റിലാണ് താമസിക്കുന്നത് അന്ന് സംഘർഷമുണ്ടായിരുന്നു എന്ന് സർക്കാർ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള അന്നേ കൊണ്ട് ഈ പിന്നെ ഏതെങ്കിലും അവസാനി എന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാം അതുകൊണ്ട് യുദ്ധത്തിൽ പിന്മാറുക എന്നുള്ളതാണ് പക്വമായ തീരുമാനം അല്ലാതെ യുദ്ധത്തിന് ഇറങ്ങിയാൽ പിന്മാറാൻ പാടില്ല എന്ന് പറയുന്നത് പഴയ ബാർബേറിയൻ യുദ്ധത്തിന്റെ അവിടെ ചേർന്നു ഇവിടെ ചേർന്ന് പിന്നെ അതിന് എന്താണ് ഉചിതമായ കൂടിയാലോചനകളും ഉചിതമായ നയതന്ത്ര ബന്ധങ്ങളും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ് ഭരണത്തിന്റെ നേതൃത്വം വഹിക്കുന്നവരുടെ ജോലിയാണ് അത് അവർ ചെയ്തത് ദേവതാക്കളുടെ അതുകൊണ്ട് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുക എന്ന് എന്തുകൊണ്ട് നമ്മൾ പിന്മാറിയുണ്ട് എന്ന് പറയാണെങ്കിൽ അവസാനിപ്പിച്ചോളന്നു പറഞ്ഞാലും അല്ലെങ്കിൽ ഇതുവരും മഹാഭാരതം പോലെ സർവനാശത്തിലേക്ക് വെച്ചാൽ എന്നോട് പറയുന്ന ഒന്നാണ് മഹാഭാരത യുദ്ധത്തിൽ പട്ടാളക്കാരുടെയും മരിച്ചു അങ്ങനെ ഒരു യുദ്ധമില്ല അല്ലാത്തവരുമായി കണന്നുകൊണ്ട് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പട്ടാളക്കാർ മാത്രമാണ് പട്ടാളക്കാരല്ലാത്തവരും ഉണ്ട് കാരണം ഇന്നത്തെ പട്ടാളക്കാർ മാത്രം പോരാ നമ്മുടെ ഇന്നത്തെ ഇന്നത്തുന്നുണ്ട് അവരെ സഹായിക്കാൻ നിലപാട് വരുന്നുണ്ട് എല്ലാ തൊഴിൽ മേഖലയിലും ഉള്ളവരാണ് പഴയകാലത്ത് പറയുന്നുണ്ട് രഥം കേടായി കഴിഞ്ഞാൽ നന്നാക്കാൻ ആശാരി വേണം ആയതിനൊക്കെ ഒടിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ കൊല്ലം വേണം ചുമട്ടുകാർ വേണം ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ സമയം വൈദ്യന്മാർ വേണം എന്താ അവിടെ റവന്യൂ വേണം മറ്റേ ഡിപ്പാർട്ട്മെന്റുകൾ വേണം എല്ലാം ഉണ്ടായാലും യുദ്ധം നടക്കത്തുള്ളൂ അന്ന് ഇന്നൊക്കെ പോലെ തന്നെയാണ് സപ്ലൈ ചെയിൻ അനുയുദ്ധം അല്ലാത്തവരും വേണം ഇവരെല്ലാവരും നശിക്കും പിന്നെ അന്നത്തെ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടലും വരിക പുരുഷന്മാരാണ് സ്ത്രീകൾ ഇന്നരഞ്ഞു വരാത്ത എന്നാലും ഒരു സ്ത്രീയുടെ ഉള്ളിലിരുന്ന ഗർഭത്തെ നശിപ്പിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറയും അന്നും ഇന്നങ്ങനല്ല ഇന്നിപ്പം എത്ര സ്ത്രീകളും മരിച്ചു കുട്ടികൾ മരിച്ചു ചെറിയ വരും നാല് ദിവസം സ്കൂളിൽ ഹോസ്റ്റലിൽ താമസിച്ച കുട്ടി എല്ലാം മരിച്ചു അങ്ങനെ യുദ്ധം ചെയ്യുന്നവർ മാത്രം മരിക്കും അങ്ങനെ ഒരു യുദ്ധമില്ല അവർ അതെന്താണ് അവസാന ട്രെൻഡിനൊണ്ട് ആരെല്ലാം മരിച്ചു എല്ലാവരും ടെൻഡല്ല് കിടക്കും ഒരാളെ രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് ആവശ്യം പിന്തിരിഞ്ഞിരുന്നെങ്കിലും മറ്റെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കാം അപ്പൊ ഇന്നത്തെ വഴക്കുക പിന്തിരിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വെറും പഴഞ്ഞ് ആശയം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിലായി കാരണം എന്നോട് പറഞ്ഞ ചോദ്യമായിട്ട് അതുകൊണ്ട് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്ന ഈ ക്ഷുദ്ര സ്വർഗുപക്ഷേമത അർജുന ഉദ്ദേശിച്ച ഭജനാ ഹയമേവടെ ഇവിടെ സ്വർഗം എന്ന് പറയുന്നതിന് പരമ നിശ്രേയസം എന്നർത്ഥം പറയും എന്തുകൊണ്ട് കാരണം അർജുനൻ തന്നെ സ്വർഗത്തെ നിന്ദിക്കുന്നു അർജുനൻ പറയുന്നു എന്താണ് സുരാണാം ആധിപത്യ സ്വർഗത്തു പോയി അവരുടെ നേതാവായ എന്തിനായാൽ പോലും എനിക്കതൊന്നും വേണ്ടെന്ന് പറയും അപ്പൊ സ്വർഗത്തെ നിന്ദിക്കുന്ന അർജുനന്റെ സ്വർഗത്തെക്കാൾ വലിയൊന്നു വെച്ചു കൊടുക്കണം എന്റെ യുദ്ധത്തിന് വേണ്ടി അവരുടെ വ്യാഖ്യാതാവ് പറയുന്ന എന്താണ് സ്വർഗം എന്ന് പറഞ്ഞാൽ പരമ ധർമ്മയുദ്ധമാണ് യുദ്ധത്തിൽ ഈ കൊല്ലുന്ന നിങ്ങളെ നിന്റെ ഗുരുക്കന്മാരെയാണ് അത് എടുത്തു പറയുന്നത് നിനക്ക് അതുകൊണ്ട് കിട്ടുന്നത് എന്താണ് കേവല സ്വർഗമല്ല പരമം നിശ്രേയസ്വീ അത് ഇവിടം വച്ച് മാത്രം പറയുന്നതല്ല ഇപ്പോൾ ചെല്ലുമ്പോൾ അടുത്ത ശ്ലോകത്തിനും പറയുന്നത് എന്താണ് യുദ്ധം കർമ്മയോഗമായി ചെയ്തു മോക്ഷം കിട്ടുമെന്ന് തന്നെ പറയും അല്ല വെറുതെ പറയുന്നത് മലപ്പൂർവ്വം വ്യാഖ്യാനിക്കുന്ന അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നു അതവിടെ കൃത്രിമ വ്യാഖ്യാനൊന്നും ചെയ്തിട്ടില്ലോട് പറയുന്നത് ധർമ്മയുദ്ധിയും പരയുന്ന ശ്രീ ഭാഷ തദൈവ പരമ പരാൻ മഹത്വ പരാത്മാര വെ മഹാരഥാനാം വിഷ്ണുദ്രോണ കർണാധികനാം ഹനനമന്ദ്രയുടെ നൈദ്യതാണ് ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതായിരിക്കും എന്താണ് ഈ മഹാഭാരത യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ് ഈ യുദ്ധമെന്ന് പറയുന്നത് ഇവരെ കൊന്നാലെ അവസാനിക്കും ഗുരുക്കന്മാര് മഹാരഥ കൊല്ലാതെ അവസാനിക്കത്തില്ല അത് മാത്രമല്ല ഇവരെ കൊല്ലണമെങ്കിൽ ഇവരെല്ലാം തന്നെ ആരും അർജുനക്കാരും മോശക്കാരും ഇവരെ നേരെ കൊല്ലാനും പറ്റും ഇവരെ ആധർമ്മയുദ്ധത്തിലൂടെ കൊല്ലാൻ പറ്റും ഇത് രണ്ടും ഒന്ന് ഇവരെ കൊല്ലാതെ ഇന്നും അവസാനിക്കില്ല മറ്റേ ധർമ്മയുദ്ധത്തിൽ കൊല്ലാനും പറ്റും ഇതാണ് ഭാവി സംഭവിച്ചത് ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് ധർമ്മയുദ്ധം എന്ന് പറയുന്നത് അവരെ കൊണ്ട് അധർമ്മയുദ്ധത്തോളം എന്തുകൊണ്ട് അവര് പല കാര്യത്തിലും അർജുനനേക്കാൾ യുദ്ധത്തിൽ പോലും യുദ്ധ സാമർഥ്യത്തിൽ പോലും ശ്രേഷ്ഠിക്കുന്ന ഭീഷ്മരേഖല വന്നു സ്വച്ഛം തമ്മിൽ ആയിരുന്നു യുദ്ധത്തിലാകും അധർമ്മത്തിലൂടെ ഇപ്പോ പഴയ യുദ്ധത്തിൽ ധർമ്മയുദ്ധമെന്ന് പറഞ്ഞെങ്കിലും ഏതൊരു യുദ്ധത്തിലും സംഭവിക്കുന്നതുപോലെ തന്നെ അധർമ്മ യുദ്ധവും അവിടെ സംഭവിച്ചു ഇതിന് വേറെ അപകടം കൂടി ഇല്ല യുദ്ധത്തിൽ അധർമ്മം പ്രയോഗിച്ചു എന്തിനുവജയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് അതിനും വലിയ അതായത് മനുഷ്യന്റെ സാമൂഹ്യ ബന്ധങ്ങളിൽ സാധാരണ ജീവിതത്തിലും എന്താണ് അവിടെ യുദ്ധത്തിൽ അധർമ്മം പ്രയോഗിച്ചതുകൊണ്ട് ഇവിടെയും നമുക്ക് നേട്ടങ്ങൾക്ക് വേണ്ടി അധർമ്മം ചെയ്യാം എന്നൊരു വ്യാഖ്യാനം കൂടെ ആൾക്കാർ അതുകൊണ്ടാണ് ആൾക്കാരെന്താണ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അതെന്താ പറയുന്നത് മഹാഭാരത യുദ്ധത്തിൽ കണ്ടില്ലേ കള്ളത്ര ചെയ്തല്ലേ അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ സ്വതന്ത്ര ജനാധിപത്യ രാജ്യം നമ്മുടെ ഭരണഘടനക്ക് വിധേയമായി ജീവിക്കേണ്ട ഇന്ത്യയിലെ പൗരന്മാർ നമ്മുടെ നേട്ടങ്ങൾ വേണ്ടി നമുക്കും കള്ളത്തരങ്ങൾ ചെയ്യാം എന്നൊരു തെറ്റായ പാട്ടും ഗീത വ്യഖ്യാനിച്ച് പഠിപ്പിക്കുന്നു അവിടെ വേണ്ടതെന്താണ് നേട്ടമാണ് നിയമവിരുദ്ധമായ എന്താണ് പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടാം ആ ഭാരതത്തിൽ അതെന്തൊരവട മഹാഭാരതത്തിൽ അധർമ്മം സംഭവിച്ചെന്ന് വായിക്കണം ശരിയാണ് അതുകൊണ്ട് അത് യുദ്ധത്തിന്റെ സ്വഭാവമാണ് അധർമ്മം എന്ന് പറയുന്നത് അത് അധർമ്മത്തിലെ അത് അവസാനിക്കും അത് യുദ്ധത്തിന്റെ ആ നീതികൾ ഇക്ക നീതി എന്ന് പറയുന്നത് മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കിവിടെ ചെയ്യാം നേട്ടമുണ്ടാവും എന്ന് ആൾക്കാരെ ധരിപ്പിക്കുന്നത് പറഞ്ഞോ പറയാതെയോ ധരിപ്പിക്കുന്നത് എന്താണ് ശരിയായ സാമൂഹ്യ ബോധ്യമില്ല ജനാധിപത്യം എന്താണെന്നറിയില്ല എന്താണ് സാമൂഹ്യ നിയമങ്ങളെ കുറിച്ച് ബോധമില്ല എങ്ങനെയാണ് സാമൂഹ്യ നീതി പാലിക്കേണ്ടതെന്നറിയില്ല അത് തന്നെ നമ്മൾ ജനാധിപത്യ ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടത്തെ നിയമവ്യവസ്ഥയെ അനുസരിച്ച് തന്നെ ജീവിക്കണം ആ നിയമവ്യവസ്ഥയെ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഉല്ലംഘിക്കാൻ മഹാഭാരതത്തിലെ ഭീഷ്മരെ കൊന്ന് എന്നും കൊണ്ടുവന്നിട്ട് അവരെ ന്യായീകരിക്കാൻ പാടില്ല അതൊക്കെ മാത്രം അത് തന്നെ എന്നാണ് അവിടെയും പറയുന്നത് അപ്പൊ ധർമ്മം അധർമ്മം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാടും പഴയ കാഴ്ചപ്പാടും നമുക്ക് യോജിക്കത്തില്ല ആ പഴയ ധർമ്മം ആ കാലത്തേക്ക് വേണ്ടി മാത്രമാണ് ആ ധർമ്മങ്ങളൊന്നും തന്നെ ആ ധർമ്മപാഠങ്ങളൊന്നും തന്നെ ഇന്നത്തെ കാലത്ത് യോജിച്ചതേ ഇന്നത്തെ ധർമ്മം എന്ന് പറയുന്ന എന്താണ് ഈ രാജ്യത്തിലെ നിയമ വിധയുമായി ഈ രാജ്യത്തെ പോലും ജീവിക്കുന്നതാണ് ഇന്നത്തെ ധർമ്മം ഒന്ന് അതൊരു പ്രധാനമായ കാര്യം പിന്നെ മറ്റൊന്നും കൂടി ഒരു എന്താണ് നമ്മൾ ഇതെ സ്വീകരിക്കേണ്ട നിയമത്തിനുപരിയായിരിക്കുന്ന വ്യക്തിനിഷ്ടമായ ചില ധാർമ്മികത അവിടെ നിയമലംഘനം പറയുന്നു നമ്മൾ മനുഷ്യർ അത് തന്നെ ചെയ്യുന്നത് മഹാഭാരതത്തെ ഉദാഹരിച്ചുകൊണ്ട് ഇവിടെ നിയമലംഘനങ്ങൾ ശരിയായ കാര്യം ഇതിനെക്കുറിച്ച് നമുക്ക് ശരിയായ ബോധം വേണ്ട അന്നത്തെ ധർമ്മമല്ല ഇന്നത്തെ ധർമ്മം അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം എന്നാണ് മഹാരഥ മഹാരഥന്മാരായ ഭീഷ്മത്തിനോകർണ്ണമാണ് ഭീഷ്മത്തിന് ഉണക്കരണം തുടങ്ങിയവ അവരെ ജയം അവരെ ജയിക്കാം എന്ന് ഹനന മന്ത്ര കൊള്ളാതെ നയിക്കും അത് ശരിയാണ് അവരെ കൊല്ലാതെ അവരെ ജയിക്ക സാധനം ജയിക്കാനുള്ള യുദ്ധമാണ് ശരി അവരെ കൊല്ലണമെങ്കിലോ അധർമ്മത്തിലൂടെ സാധനം അപ്പോ മഹാഭാരത യുദ്ധം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠം എന്താണ് യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി അധർമ്മവും ഉപയോഗിക്കാം അവരെ വേണ്ടി പറയുന്ന അതാണ് ജയിക്കണമെങ്കിൽ അധർമ്മവും അപ്പൊ അത് ധർമ്മമല്ലോ അതാ ധർമ്മ അതും എന്താണ് നമ്മുടെ സാമാന്യ ജീവിതത്തിലോ ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിലോ അതൊന്നും ഒരിക്കൽ കൊണ്ടുവരാൻ പാടില്ല പൂർണ്ണമായും തള്ളിക്കളയേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ